അതങ്ങനെയാണ് തനിക്ക് നൽകപ്പെട്ട ശിക്ഷയ്ക്കു തുല്യമായി പ്രതികാരം ചെയ്ത ഒരാൾ പിന്നീട് അക്രമിക്കപ്പെട്ടാൽ അള്ളാഹു സുബഹാനഹുവചാര തീർച്ചയായും അവനെ സഹായിക്കുന്നതാണ് തീർച്ചയായും അള്ളാഹുസുബാനുഹുവചാല മാപ്പു നൽകുന്നവനും ഏറെ പൊറുക്കുന്നവരുമാണ്